പറയുക അള്ളാഹു സുബാനഹൂവ താലായിലും ഞങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിലും ഇബ്രാഹിം അലിഹിസ്സലാമിനും ഇസ്മായിൽ അലഹിസലാമിനും ഇസ്ഹാഖ് അലിഹിസലാമിനും യക്കൂബ് അലിഹിസ്സലാമിനും ഗോത്രങ്ങൾക്കും അവതരിപ്പിക്കപ്പെട്ടതിലും മൂസ അലിഹിസലാമിനും ഇസ അലിഹിസലാമിനും നൽകപ്പെട്ടതിലും പ്രവാചകന്മാർക്ക് അവരുടെ രക്ഷിതാവിൽ നിന്ന് ലഭിച്ചതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അവരിലാരെയും ഞങ്ങൾ വേർതിരിക്കുകയില്ല ഞങ്ങൾ അവന് കീഴ്പ്പെട്ടവരുമാകുന്നു